നിത്യകർമ്മനുഷാധർമ്മോത്പാദ തധ പാപനുവർത്ത സഹ്യനിത്യാശുചിദുഃഖരുപെ സംസാരശുചിസുഃഖ്യതിലക്ഷണേന വിപരയാസേന ചിത്തസാപനുവ പ്രത്യക്ഷോ സംസാരശുചി ദുഃഖരുപതമ്യസത്യം വൈരാഗ്യമജ് തജാസ ഉപാവർ തോഹാനുപായ പരിേഷ്യമാണിച്ച ആത്മതൃപ്രിപ്പ്സത്തെ തവണിക്രാദുപകാരം തതിസത്വശുദ്ധിയു ഇമമേവാർത്ഥം അനുഭവത്തി ഭവത്ഗീതേർ യോഗം കർമ്മകാരണമു യോഗ അതായത് എങ്ങനെയാണ് കർമ്മം ഇത് അധശബ്ദത്തിന്റെ അർത്ഥം പറയുന്നത് സാധനചമ്പത്തിക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ അങ്ങനെയാണ് അർത്ഥം വരേണ്ടത് അത് എന്തിനാങ്ങനെ പറയുന്നത് ഈ സാധനചമ്പത്തി അത് എങ്ങനെ ഉണ്ടാവും അതിന് കർമ്മങ്ങൾ ഉപകരിക്കും എന്തുകൊണ്ട് കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതായത് സാധാരണ വൈദികന്മാരെന്താ പറയുന്നത് കർമ്മം ചെയ്തു കഴിഞ്ഞാല് പുണ്യം പുണ്യം ചെയ്ത് പുണ്യം കൊണ്ട് സ്വർഗത്തു പോവാ അതുപോലെ കർമ്മം ചെയ്തു കഴിഞ്ഞ കർമ്മം ചെയ്തു കഴിഞ്ഞ പുണ്യം കൊണ്ട് ഞാനും ഉണ്ടാകത്തില്ല മറ്റു കർമ്മം ചെയ്തു ചിത്തശുദ്ധിയുണ്ടാവുക ചിത്തശുദ്ധിയുണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനവും ഉണ്ടാവും അക്കാര്യങ്ങളുടെ വിശദീകരിക്കുന്നതാണ് തദാഹി നിത്യകർമാനുഷ്ഠാന ധർമ്മോത്പാദ നിത്യകർമാനുഷ്ഠാനം കൊണ്ട് ധർമ്മം ഉണ്ടാവും എങ്ങനെയാണ് ചിത്തശുദ്ധിയുണ്ടാകുന്ന ഒന്നാണ് നിത്യകർമാനുഷ്ഠാനം കൊണ്ട് ധർമ്മം എന്ന് പുണ്യം പുണ്യുണ്ടോ അപ്പൊ ഈ നിത്യകർമ്മം എന്നൊക്കെ വിചാരിക്കുമ്പോ ഇവിടെ ആ ഇവിടെ പറയുന്നു വൈദികന്മാര് ചെയ്യുന്ന നിത്യകർമ്മങ്ങളൊക്കെ എന്നോട് പറയും പഴയ രീതി അനുസരിച്ച് പറയുമ്പം അല്ലാതെ ഇന്ന് കുളിച്ച് കുറീ ഭസ്മൂടുന്ന നിത്യകർമ്മല്ലോ ഇന്ന് നിത്യകർമാനുഷ്ഠാനം പറഞ്ഞ് പൂജാരിമാരൊക്കെ ചെയ്യുവല്ലോ അത് പണ്ട് വൈദികനുകരണമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ദളിത്തുകളും ചെയ്യുമ്പോ എന്താണ് നിത്യകർമ്മവും അതൊന്നുമല്ല ദളിത്തുകൾക്കൊന്നും അവകാശമുണ്ട് വൈദികൾ പ്രത്യേകിച്ചും ഇവിടെ സന്യാസത്തിന്റെ കാര്യത്തിലായിരിക്കുമ്പോൾ വൈദിക ബ്രാഹ്മണൻ ചെയ്യുന്നു അല്ലെങ്കിൽ ത്രൈവർണ്ണീകരി ചെയ്യുന്നു നിത്യകർമ്മങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയേയും വൈശ്യുന്നു ശൂദ്രനെയും അവകാശമുണ്ട് പിന്നെ ദളിതന്റെ കാര്യം പറയാനുമില്ല അപ്പൊ ആ കർമ്മം കൊടുക്കണം ആ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് പറഞ്ഞു അനധികാരിയായവൻ ഒരുവൻ അനധികാരം വൈശ്യ സ്തോമ രാജൻ ബ്രാഹ്മണരാജന്യാ വൈശ്യന്മാര് ചെയ്യുന്ന ഒരു കർമ്മം അത് ബ്രാഹ്മണനും ക്ഷത്രിയനും ചെയ്ത അതുകൊണ്ട് അതുപോലെ കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവണമെങ്കിൽ ആർക്ക് എന്ത് വിധിച്ചിരിക്കുന്നു ആ കർമ്മം അവര് ചെയ്താലേ ഫലം ഉണ്ടാവും കർമ്മം വിധിച്ചിരിക്കുന്നത് മറ്റു നാല് ജാതിക്കാരുടെയും സേവയാണ് മനസ്സിലാക്കുക ഇന്ന് എന്താണ് ഇന്ന് ശൂദ്രസന്യാസിമാര് വ്യാഖ്യാനിക്കുന്ന അങ്ങനെയൊന്നുമല്ല അതുകൂടെ അറിഞ്ഞിരിക്കുന്നു നിങ്ങളീ ശൂദ്ര വ്യാഖ്യാനങ്ങളെട്ടതിന്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടി ശുദ്രസന്യാസിമാര് പറയുന്ന സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂലി വാങ്ങിയിട്ട് ചെയ്യുന്ന ജോലിയെല്ലാം സേവയാണ് ഞാനും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ ശൂദ്രന്മാരാണല്ലോ അതുകൊണ്ട് കൂലി വാങ്ങി ചെയ്യുന്ന ജോലിയെല്ലാം എന്താണ് സേവ അതാണ് ഗീതയിൽ എഴുതി വച്ചിരിക്കുന്ന സേവ അങ്ങനെ നോക്കുകയാണെങ്കിൽ കളക്ടറും സൂദ്രനാണ് ഡോക്ടർ ശൂദ്രൻ എല്ലാരും കൂലി വാങ്ങി ജോലി ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് കാട് കയറ്റി ഇതൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല വ്യാഖ്യാനിച്ച് കാട് കയറ്റുകയാണ് അപ്പോ എല്ലാവരും കൂലി വാങ്ങി ജോലി ചെയ്യുന്നവരല്ല സൂത്രന്മാർ അങ്ങനെയല്ല സൂദ്രൻ എന്ന് പറയുന്നത് ശൂദനെന്ന് പറയുന്ന പ്രത്യേകം പറയുന്നുണ്ട് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശൂര് എന്ന് വരുന്ന മൂന്ന് ജാതിക്കാരുടെ സേവ ചെയ്യുന്നതാണ് ഇന്ന് കളക്ടറോ എഞ്ചിനീയറോ ഡോക്ടറൊക്കെ മൂന്ന് ജാതിക്കാരുടെ സേവ ചെയ്യുന്നവരാണ് ആണോ അപ്പൊ ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശൂദരം എന്ന് വെച്ചാൽ ശമ്പളം ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാ ശൂദ്രന്മാരാണ് ഒരിക്കലും അല്ല സ്മൃതിയുടെ കൃത്യമായി പറയുന്നുണ്ട് മേൽജാതിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് ഇനി പറയുന്നവരാരും എന്താണ് മേൽജാതിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല അവര് പബ്ലിക് സർവെന്റ് എന്നാ പറയുന്നു അവർ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അത് അങ്ങനെ ചെയ്തില്ലെന്നും വരും അവർ അത് അവരവരുടെ ഓരോരുത്തരുടെ പ്രവൃത്തിയോടുള്ള മനോഭാവം എന്തായാലും ഇവര് പറയുന്ന രീതിയിലൊന്നും ൂദ്ര വ്യാഖ്യാനമല്ല അവർക്ക് ഒരു ബന്ധവുമില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ഈ ബ്യൂറോക്രസിയുടെ പ്രവർത്തനങ്ങളും ഈ ഗീതയിൽ പറയുന്ന അല്ലെങ്കിൽ ഇവിടെയൊക്കെ പറയുന്ന ഈ ശൂദ്രന്റെ സേവമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ന് സമൂഹത്തിന് സേവ ചെയ്യാണ് മേൽജാതികൾക്ക് സേവ ചെയ്യുന്ന പക്ഷെ വാക്യാന്സി ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെ പറയും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ഇത് ചെയ്യുന്നത് അധികാരികൾ ചെയ്യുന്നതാണ് അതാണ് നിത്യ കർമാനുഷ്ഠാന ധർമ്മ ഉത്പാദ നിത്യകർമാനുഷ്ഠാനം കൊണ്ട് എന്ത് വരുന്നു പുണ്യം ഉണ്ടാകുന്നു പുണ്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതുകൊണ്ട് പാപം ഇല്ലാതാകും പുണ്യം കൊണ്ട് പാപം ഇല്ലാതാകുന്നു പുണ്യം കൊണ്ട് പാപം ഇല്ലാതാകുന്നു പറഞ്ഞാൽ ഈ കർമ്മം ചെയ്യുന്നവന്റെ ഉള്ളിൽ ഈ അദ്വൈതകൾ പറയുന്ന അനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ എന്താണ് പുണ്യം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകുന്നു അപ്പൊ നേരത്തെ അവിടെ ഇരുന്ന പാപം എന്ന് പറയുന്ന സംസ്കാരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പാപമെന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ അത് നശിപ്പിക്കുന്നു ഇതൊക്കെ വേറെ ഊഹങ്ങളാണ് കാരണം പുണ്യഭാവങ്ങളെ കുറിച്ച് അവരെന്താ പറയുന്നത് അതീന്ദ്രിയൊന്നാണ് മനസ്സുൾപ്പെടെയുള്ള ഒരു ഇന്ദ്രിയങ്ങളുണ്ട് അറിയാൻ വയ്യാത്ത ഒന്നും ഉണ്ടെന്ന് പറയുകയാണ് മനസ്സുകൊണ്ടുപോലും അറിയാ അറിയാൻ ഉണ്ടെന്നുള്ള എന്താ തെളിവ് പുണ്യം ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ് വേദം പറഞ്ഞിരിക്കുന്നു ഭേദം പറഞ്ഞിരിക്കുന്നോണ്ടെന്നാണ് അപ്പൊ നമ്മള് പ്രവർത്തിക്കുക ചിന്തിക്കുക ഇതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ ബ്രെയിനിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു മെമ്മറി രൂപത്തിൽ ഒരു ഭാഗം സ്റ്റോർ ചെയ്യുന്നുണ്ട് അത് ശരിയാണ് അതൊക്കെ നമ്മുടെ മെമ്മറിയിലാണ് വരുന്നത് നമ്മുടെ ബ്രെയിനിലെ സ്റ്റോർ ചെയ്യുന്നു അതിനെ കുറിച്ചല്ല ഇവര് പറയുന്നു ഇവര് പറയുന്നത് അതീന്ദ്രിയമായ പുണ്യവും അതീന്ദ്രിയമായ പാവവും ഉണ്ടെന്നുണ്ടാകും അതീന്ദ്രിയെന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിന് തെളിവില്ല പിന്നെ അവര് പറയുന്ന എന്താണ് അത് വേദത്തിൽ പറയുന്നുണ്ട് വേദം എന്താണ് പ്രമാണം അതുകൊണ്ടത് വേദത്തിൽ പറയുന്നോണ്ട് അത് സത്യമാണെന്നാണ് വേദം ആർഗ പ്രമാണം വേദം ആർഗ പ്രമാണം ഇത് എഴുതി വെച്ച ആൾക്കാർക്ക് ഈ വേണ്ടാധീനങ്ങളൊക്കെ എഴുതി വെച്ചവരുടെ പ്രമാണമാണ് ഇതാരംഗീകരിക്കും ഇതംഗീകരിക്കുന്ന എന്തിനാ അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ ഒരുപാട് തത്വചിന്ത പറഞ്ഞിട്ട് ഇതിനൊക്കെ ഞങ്ങളുടെ വേദം പ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദം എഴുതിവെച്ചവർ അവരുടെ പറയുന്ന കാര്യങ്ങൾ വേണ്ടി എഴുതി വച്ചത് ആണ് വേദം അത് എഴുതി വെച്ചവർക്ക് മാത്രമേ അത് പ്രമാണമുള്ളൂ മറ്റുള്ളവർക്കൊന്നും പ്രമാണമേ മാണം പ്രമാണമെന്ന് പറഞ്ഞ ആൾക്കാരെ വരട്ടുന്നതിന് കാര്യം അത് അവർക്ക് മാത്രമേ പ്രമാണമാകും അല്ലാത്തവർക്ക് അത് പ്രമാണം ആകത്തില്ല എന്നാലും അങ്ങനെയൊക്കെയാ പറയുന്നത് അപ്പൊ അങ്ങനെ പുണ്യം ഉണ്ടാവും പാപും നശിക്കും ഇപ്പൊ തരുന്നു അപ്പൊ ഒരു കാര്യം ശരിയാണ് ഈ പറയുന്നില്ല എന്താണോ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത നമ്മുടെ മനസ്സിനനുസരിച്ച് മാറും നല്ല മനസ്സായിരിക്കും ചീത്ത പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ദൂഷിക്കും ഇത്രയും ഇതിൽ ഒന്ന് മനസ്സിലാക്കിയോ അത് സത്യമാണ് നമ്മളെങ്ങനെ ചിന്തിക്കുന്നു നമ്മളെന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രവൃത്തി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് ആ സ്വാധീനം വരുന്നത് നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട് ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ അതുപോലെയുള്ള നമുക്ക് അറിയാൻ പറ്റുന്നതും അറിയാൻ പറ്റാത്തതുമായ സ്വാധീനങ്ങൾ നമ്മളുടെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ ത്മാർത്ത അത് ശരിയാണ് നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും മനസ്സ് ശുദ്ധമാകും അത് ശരിയാണ് അതെങ്ങനെ സംഭവിക്കുന്നു യോഗസൂത്രത്തിൽ പറയുന്ന കാര്യം പറയുന്നത് സഹി അനിത്യ അശ്വചി ദുഃഖരൂപേ സംസാരേ നിത്യ ശുചി സുഖ്യാതി ലക്ഷണേന വിപരിയാസേന ചിത്തസത്വം എന്ന് വെച്ച പാപം ചിത്തസത്വം സാത്വികമായ ചിത്തം അനിയാണ് ചിത്തസത്വം എന്ന് പറയും െ മലിനമാക്കുന്നു സാത്വികമായ നമ്മുടെ അന്ധകരണത്തെ മലിനമാക്കുന്നു എന്ത് പാപം എങ്ങനെ മലിനമാക്കുന്നു അത് ശരിയാണ് പാപപ്രവർത്തികൾ ചെയ്താൽ നമ്മുടെ മനസ്സ് ദുഷിക്കും അനിത്യ അശുചി ദുഃഖ അനാത്മസ്വ നിത്യശുചി സുഖ ആത്മഖ്യാതര വിദ്യ എന്ന് യോഗസൂത്രത്തിന്റെ ആശയത്തെയാണ് പറയുന്നു അനിത്യ അശുചി ദുഃഖരൂപേ അനിത്യ അശുചി ദുഃഖം അവിടെ അനാത്മാള്ള ആദം കിട്ടി ബാക്കി അനിത്യ അശുചി ദുഃഖം മൂന്നെണ്ണത്തിനെടുത്ത് യോഗസൂത്രത്തിൽ ഈ സംസാരമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അനിത്യമാണ് ശരിയാണ് അശ്വചി ഇവിടെ അശുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുഃഖം ദുഃഖവും ഒരുപാടുണ്ട് സത്യമാണ് അതാണ് ഈ ജീവിതം ഈ ജീവിതത്തിൽ ജീവിതം വാസ്തവത്തിൽ അങ്ങനെ ഇരിക്കെ നിത്യശുചി സുഖഖ്യാതി ലക്ഷണേന വിപര്യാസേന വിപര്യാസം എന്ന് വെച്ചാൽ ഈ ജീവിതത്തെ അനിത്യമായ ജീവിതത്തെ നിത്യമായി കാണുക അങ്ങനെ മനുഷ്യൻ ചിന്തിക്കാറുണ്ട് കാരണം മനുഷ്യർ പൊതുവെ ചിന്തിക്കുന്നത് ഏത് സമയവും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം ഈ പ്രപഞ്ചത്തിൽ സ്വാഭാവികമായിട്ടല്ല അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു മരണം സംഭവിക്കാം അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല എന്നാലും സ്വയം ഒരു ഗ്യാരണ്ടി എടുത്തോണ്ടാ മനുഷ്യരെല്ലാം ജീവിക്കുന്നു ഞാൻ ദീർഘകാലം ജീവിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അനിത്യമായിരിക്കുന്ന ഈ സംസാരം നിത്യമാണെന്ന് കരുതുന്നു പിന്നെ അശുചി ഇവിടെ അശുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും അവനെല്ലാം അശുദ്ധമാണെന്ന് കരു ജീവിക്കുന്നു പല കാര്യങ്ങളും അങ്ങനെയാണ് അശുചി എന്ന് പറയുന്നത് എല്ലാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും എടുക്കാം എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മനുഷ്യൻ ചെയ്യുന്നു അശുദ്ധ പ്രവർത്തികൾ എന്നിട്ട് അതൊക്കെ സ്വാഭാവികമാണ് സഹജമാണ് കുഴപ്പമില്ല എന്നുള്ള രീതി മനുഷ്യൻ ജീവിക്കുന്നു അങ്ങനെയുള്ള ചെയ്യുന്നത് പ്രവർത്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ശരിയാണെന്നുള്ളതല്ല തെറ്റാണെന്നറിഞ്ഞാലും കടയിൽ ചെന്നൊരു സാധനം വാങ്ങുന്നു എന്നിട്ട് അവരോട് ഓരോ ബില്ല് വേണ്ടി ജി എസ് ടി ചാർജ് ചെയ്യാതിരിക്കും സർക്കാരിനെ പട്ടിക്കും അശുചിയാണ് ആ പ്രവർത്തനം ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മളെന്ത് വേണ്ടി അത് ചെയ്യും അതുകൊണ്ടാണ് റോഡും പാലും ഒക്കെ ഉണ്ടാക്കുന്നത് പബ്ലിക് ഹെൽത്ത് വിദ്യാഭ്യാസം എല്ലാ കൊണ്ടും നടക്കുന്നു അപ്പൊ നമ്മളത് സർക്കാരിന് പഠിക്കാൻ ശ്രമിക്കുന്നു അശുചിയാണ് അങ്ങനെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ശുചിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശുചിയോടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അവനീ പറയുന്നൊന്നും നടക്കില്ല നമ്മൾ അശുചിയായി ജീവിക്കാനാണ് അപ്പോ അതുകൊണ്ട് നമുക്ക് ഭൗതികമായ സൗകര്യങ്ങളൊക്കെ കൂടും ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇതുപോലെ ഇവർക്ക് പോയി സർക്കാരിനെ വെട്ടിച്ചത് കൊണ്ടായിരിക്കും ഇതൊക്കെ എനിക്കറിയില്ല കൊറേയൊക്കെ കാണും അപ്പൊ നമ്മൾ ഈ നമുക്ക് സുഖ സൗകര്യങ്ങളെല്ലാം വേണം ആ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും സ്വയം അശുചിയാവുന്നു അപ്പൊ ഈ പറയുന്നത് ശരിയാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകുന്നു പക്ഷെ ശുചി എന്ന് പറയുന്ന ആത്മീയമായ ഗുണം ഉണ്ടാകത്തില്ല ഭൗതികമായ ഗുണമുണ്ടാവുന്നു അതാണ് അശുചിയിൽ ശുചിബുദ്ധി ഉണ്ടാകുന്നു പിന്നെ അസുഖ ദുഃഖം ഇവിടെ ദുഃഖത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാ ദുഃഖങ്ങളെയും നമ്മൾ സുഖമായി കണ്ട് ജീവിച്ചു പോകുന്നു അതാണ് അനിത്യ അശുചി ദുഃഖരൂപ സംസാര നിത്യ ശുചി സുഖഖ്യാതി ലക്ഷണേന വിപര്യാസേന ഇതാ ഇത് തന്നെയാണ് ആ വിദ്യ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തരീടുകളെല്ലാം കൂടെ ചേർത്താണ് എന്ത് പറയുന്നത് അവിദ്യ അവിദ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് വെച്ചാൽ ആധ്യാത്മികമായി നമുക്ക് സമ്പാദ്യമൊന്നുമില്ല ഭൗതികമായി സമ്പാദ്യം ഉണ്ട് അതാണ് ഈ പറയുന്നത് ഭൗതികമായി നമുക്ക് സമ്പാദിക്കാൻ ഇപ്പൊ സന്യാസിമാരെന്ന് പറഞ്ഞാൽ സന്യാസത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്താണ് ആത്മീയമായി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവൻ അവളെ ചെന്നു എന്ത് ചെയ്യുന്നു ഭൗതികമായി സമ്പാദിക്കുന്നു അത് അങ്ങനെ പോകുമ്പോൾ പോരായ്മയാണ് അതാണ് വിപരിയ ചിത്തസത്വം മലിന അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സൊരുപാട് മലിനമാണ് നമ്മുടെ മനസ്സിലൊരുപാട് മാലിന്യം ഉണ്ടാകുന്നു ഇതാത്മീയമായ പുരോഗതി അപ്പോ കർമ്മശുദ്ധി എന്ന് പറയും നമ്മുടെ കർമ്മങ്ങളിൽ ഒരു ശുദ്ധിയുണ്ടായാലേ അവിടെ പുണ്യം ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ല അതൊന്നുമല്ല വിഷയം നമ്മുടെ കർമ്മങ്ങളിൽ ഒരു ശുദ്ധിയുണ്ടായാൽ നമുക്ക് മനസ്സിന് ശുദ്ധിയാണ് കാരണം എന്തുകൊണ്ട് ശരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ശുദ്ധി ഉണ്ടാകുന്നുള്ള കാരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം അതുകൊണ്ട് ശുദ്ധി ഉണ്ടാവാത്തത് തെറ്റാണെന്നറിഞ്ഞിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സിന് ശുദ്ധി ഉണ്ടാകത്തില്ല അതാണ് എന്റെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ പറഞ്ഞ അനിത്യത്തെ നിത്യമായി കാണുക അശുചിയെ ശുചിയായി കാണുക ദുഃഖത്തെ സുഖമായി കാണുക ഇങ്ങനെയുള്ള ഈ ശുദ്ധമായ ചിത്വത്തെ മരണപ്പെടുത്തുന്ന ആ വിദ്യ ആ വിദ്യ എന്ത് അതാണ് പാപം എന്നുകൂടെ പറഞ്ഞത് ആ പാപത്തെ നിത്യകർമാനുഷ്ഠാനം കൊണ്ട് ഇല്ലാതാക്കുന്നു അതാണ് അത പാപം നിവർത്തു അടുത്ത് പറയുന്നു അങ്ങനെ പാപം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷോപത്തി പ്രത്യക്ഷോപത്തിഭ്യാം സംസാരസ്യ അനിത്യ അശുചി ദുഃഖരൂപതാ അപ്രത്യൂഹം ഇപ്പൊ പ്രത്യക്ഷത്തിലൂടെ യുക്തിയിലൂടെ പ്രത്യക്ഷത്തിലൂടെ എന്ന് ലൗകികമായ വിഷയങ്ങളെല്ലാം പ്രത്യക്ഷത്തിലൂടെയും അതീന്ദ്രിയമായ വിഷയങ്ങളെല്ലാം ഉപപത്തി യുക്തിയിലൂടെയും മനസ്സിലാക്കുന്നു സംസാരത്തിലെ ദുഷ്ടമായ വിഷയങ്ങളിൽ പ്രത്യക്ഷമായ തന്നെ മനസ്സിലാക്കുന്നു ഇത് അനിത്യമാണോ അശുചിയാണോ ദുഃഖമാണെന്ന് പ്രത്യക്ഷമായ അറിയുന്നു അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ഉപഭോഗയിലൂടെ ഈയിലൂടെ അറിയുന്നു എന്തറിയുന്നത് അനിത്യമാണ് അശുചിയാണ് ദുഃഖമാണെന്നറിയുന്നു അതാണ് പ്രത്യക്ഷ ഉപതി പാപം നശിക്കുമ്പം പ്രത്യക്ഷത്തിന്റെയും യുക്തിയുടെയും കവാടം തുറക്കുന്നു പ്രത്യക്ഷോപതിയുടെ ദ്വാരം തുറക്കുന്നു അതിന്റെ കവാടം തുറക്കുന്നു എന്നുവെച്ചാൽ ഇതിനെയൊക്കെ കുറിച്ചുള്ള യഥാർത്ഥമായ വഴി തുറക്കുന്നു എന്നർത്ഥം പാവറിനെ വഴി തുറക്കുന്നു ഇപ്പോ പ്രത്യക്ഷമായി നമ്മൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലേ കടയിൽ പോയിട്ട് ജി എസ് ടി നമ്മൾ പറയുന്നു ബില്ല് വേണ്ട അപ്പോ ഇതൊരു പ്രത്യക്ഷമായൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് പ്രത്യക്ഷമായ നമ്മളിതില് വേണ്ടെന്ന് വയ്ക്കുകയാണ് പ്രത്യക്ഷ ഫലമാണ് അപ്പ ഇവിടെ അവൻ മനസ്സിലാകുന്നു അവന്റെ ബുദ്ധി തെളിയുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ആ വിവേകം അവനുണ്ടാകും അതാണ് പ്രത്യക്ഷത്തിന്റെ ഗേറ്റ് തുറക്കുന്നെന്ന് പറയും പിന്നെ അവനതങ്ങനെ ചെയ്യാൻ തോന്നത്തല്ലേ ഇത് തെറ്റാണ് നമ്മൾ വഞ്ചന കാണിക്കുകയാണ് പാടില്ല എന്ന് തോന്നും പിന്നെ അലൗക്യമായ വിഷയങ്ങൾ സ്വർഗ്ഗം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ അവന് യുക്തിയിലൂടെ മനസ്സിലാക്കാം അതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സാർക്കും മറ്റു ഫലങ്ങളും പ്രത്യക്ഷോപതിന് പ്രത്യക്ഷത്തിന്റെയും യുക്തിയുടെയും കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ എന്നുവെച്ചാൽ ശരിയായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷോപതിഭ്യാം സംസാരസ്യ പ്രത്യക്ഷത്തിലൂടെ യുക്തിയിലൂടെയും ഈ സംസാരത്തിന്റെ അശുചി ദുഃഖ രൂപതാ അപ്രത്യഹോമ ബുദ്ധിത അപ്പൊ അവൻ മനസ്സിലാകുന്ന ഇതൊക്കെ വെറുതെയാണ് അനിത്യമാണ് അശുചിയാണ് ദുഃഖമാണ് ഈ സംസാരം ഇവിടെ അല്പലാഭത്തിന് വേണ്ടിട്ട് നമ്മൾ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടത്തേണ്ട നമ്മുടെ മനസ്സിന് യോഗിച്ച രീതിയിൽ പ്രവർത്തിക്കുക തട്ടിപ്പും വെട്ടിപ്പോ ഒന്നും വേണ്ട എന്ന് മനസ്സിലാവും അപ്പോ ഇതെല്ലാം അപ്രത്യൂഹവും തടസ്സമില്ലാതെ അവബുദ്ധി അറിയുന്നു പ്രത്യക്ഷബുദ്ധിയിലൂടെയൊക്കെ അറിയുന്നു തതോ അസ്മിൻ തുറന്നെന്ത് വരുന്നു ഈ പ്രപഞ്ചം ഈ ജീവിതാനുഭവങ്ങളെല്ലാം അനിത്യമാണ് അശുചിയാണ് ദുഃഖമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ തദ്വനന്തരം അസ്യ അവന് അങ്ങനെ അറിയുന്നവന് അസ്മിൻ ഈ സംസാരത്തിൽ അനഭിരതി സപ്നം വൈരാഗ്യപജായതേ പരവൈരാഗ്യം അനഭിരധി സപ്നം അനഭിരധി എന്നുപേരുള്ള വൈരാഗ്യം പരവൈരാഗ്യം ഉണ്ടാകുന്നവന് ഇപ്പൊ എന്തുകൊണ്ടൊരാൾ ഈ തട്ടിപ്പ് തട്ടിപ്പ് കടത്തുന്നു അയാൾക്ക് സംസാരത്തിനോട് വൈരാഗ്യം ഇതിന്നായ പലതും നേടിയെടുക്കണം അപ്പം നേടിയെടുക്കണം ചെയ്ത് വളഞ്ഞ വഴിയും നോക്കും വളഞ്ഞ നേടിയെടുക്കാൻ നോക്കും അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം പക്ഷെ അനഭീരതി സ്വപ്നം അനഭിരതി വൈരാഗ്യം പരവൈരാഗ്യം എന്നിട്ട് ഇതിന് നേടിയെടുക്കാനില്ല എന്നുള്ള മനോഭാവതാണ് പരവരാഖ്യം എനിക്കിതുകൊണ്ടൊന്നും നേടാൻ ഇല്ല അപ്പൊ അയാ സമ്പാദ്യമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അയാക്ക് സമാധാനം ഉണ്ടാകും അതാകാമല്ലോ അധ്യാത്മികമായ അയാൾക്ക് ഉണ്ടാകും ഈ പറയുന്നവന് അയാളുടെ പാപകർമ്മം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത് അതൊക്കെ മാറിപ്പോ മാനസികമായൊക്കെ ഇതൊക്കെയാണെങ്കിൽ പ്രായോഗികമായി സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് അപ്പൊ ഈ ഇതിനോടൊക്കെ താല്പര്യമുള്ള കൊണ്ടാണല്ലോ നമ്മളീ വേണ്ടതീനൊക്കെ ചെയ്യാൻ പോകും അതിൽ അനപരതി പരവൈരാഗ്യം അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല ഒരു മനുഷ്യനങ്ങ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിയാ എന്താണ് ശേഷം എന്താ ഇല്ലെന്നാ ഇവിടെ നഷ്ടമാകളൊന്നും ഇല്ലല്ലോ ഇല്ല വലിയ സാഹചര്യങ്ങളൊന്നും നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാ പോലെ എന്താ കുഴപ്പം ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യണ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ പോരേ അതൊക്കെ നടന്നാ മതി ബാക്കിയൊന്നും ചെയ്യണ്ട ബാക്കിയൊരു കാര്യം നമ്മളവിടെ കൂടെ അങ്ങനെ പോകാനെന്താ കുഴപ്പം ജീവിതം നടന്നു പോകണമല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉള്ളൂ പ്രശ്നം സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുക ആർഭാടം എന്താ ആവശ്യത്തിൽ എന്താ നടത്തിക്കൊണ്ട് പോകുക തിന് നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക അതിന് തെറ്റൊന്നുമില്ല അതിനപ്പുറം എന്താണ് നമ്മള് നമ്മുടെ ജീവിത ആവശ്യത്തിന് അപ്പുറം സമ്പാദിച്ച് ചെറുക്കൂട്ടാശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ജീവിതാവശ്യത്തിന് എന്തായാലും ഒരു കണക്കിന് സ്ഥാപനങ്ങളും നല്ലതാണ് എന്തുകൊണ്ട് സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് സമ്പാദിച്ച് വെക്കേണ്ട കാര്യൊന്നുമില്ല സ്ഥാപനങ്ങളിലും എല്ലാ കാര്യങ്ങളും നടന്നു പിന്നെ സമ്പാദിച്ച ആവശ്യമില്ല കൂടുതൽ നമ്മൾക്ക് ആഗ്രഹമില്ലായിരുന്ന പാരീതി നോക്കുമ്പോൾ മറ്റേതിനേക്കാളും നമ്മൾ സ്വന്തമായി സമ്പാദിക്കേണ്ട ആവശ്യം വരുന്നിട്ടുണ്ട് സ്ഥാപനത്തിന് നമ്മള് പ്രവർത്തിക്കുന്നു അതിന്റെ ഭാഗമായി എന്താണോ നമുക്ക് വരുന്നത് അത് നമ്മൾ സ്വീകരിക്കുന്നു അത് ദോഷവും അല്ല വൈരാഗ്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്നതല്ല നടക്കുന്ന ആരും ഭക്ഷണം വേണം ആരോഗ്യം താമസിക്കണം മറ്റ് സൗകര്യങ്ങൾ കാരണം നമ്മൾ കർമ്മമണ്ഡലത്തിരിക്കുമ്പോൾ ആ സൗകര്യങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കാം ആരും നമ്മൾ പിടിച്ചു പറിക്കരുത് മറ്റൊരാളുടെ ആഗ്രഹിക്കാതിരുന്ന മറ്റൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് മറ്റു മനുഷ്യർ ലോകത്ത് ജീവിക്കുന്ന പോലെ തന്നെ ഡീസെന്റായി ജീവിക്കാം അല്ല പട്ടിണികടങ്ങളും നല്ല വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമ്മൾ ഡീസെന്റായി ജീവിക്കണം ക്വാളിറ്റി ലൈഫ് വേണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം അതൊക്കെ നല്ല രീതി തന്നെ ചെയ്യണം അതൊന്നും വിട്ടു വീഴ്ചയേണ്ട കാര്യമായിരുന്നു പിന്നെ നമ്മളിവിടത്തുനിന്ന് മോഷിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അത്രയാണ് വേറെ ആളെ ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ പോകേണ്ട കാര്യമില്ല പിന്നെന്താ അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പം വേറെന്താ അങ്ങനെ ജീവിച്ചുകൊണ്ട് അല്ലാതെ റോഡുകളും തണ്ടർഥമുണ്ട് വൈരാഗ്യത്തിന് അങ്ങനെ പിന്നെ വേറെ ആളിനെ നമ്മള് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് വേറെ ആള് ഉപയോഗിക്കാൻ നിന്നുകൊടുക്കുകയും ചെയ്തു ഇത് രണ്ടു കാര്യങ്ങൾ അത് രണ്ടും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ നമ്മുടെ കാര്യം നോക്കി ജെവി അപ്പോ പ്രസ്ഥാനങ്ങളും നല്ലതാണ് കുഴപ്പമൊന്നും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് തെണ്ടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിശന്നാൽ മോട്ടിക്കണമെന്ന് തോന്നുന്നു അല്ല കണ്ണാടിപ്പെട്ടി പരിപ്പൂടെ ഇരിക്കുന്നതാണെങ്കിൽ എടുത്ത് അടിയും കിട്ടും വിശന്നായി ചെയ്യുന്ന പറയാൻ പറ്റില്ല അതിന് പെട്ടത് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ജീവിക്കുന്നില്ല ഡീസന്റായ ക്വാളിറ്റിയുള്ള ജീവിതം സ്ഥാപനങ്ങളിൽ പറ്റും നല്ലതാണ് അനുദോഷം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം നമ്മൾ ധരിച്ചു കളയുന്നത് അതാണ് അസ്മിൻ അഭിരഥി സംഘം വൈരാഗ്യം അനഭിരതം രതി ഇല്ലാതിരിക്കുക എന്നാണ് അവിടെ പറയുന്നതന്നെ രതി എന്ന് ചോദിച്ചാൽ ഭോഗൈച്ഛ അനുഭവിക്കുന്ന ആഗ്രഹം അതിന്റെ സന്തോഷം വിഷയഭോഗത്തിൽ നിന്ന് വരുന്നു അതിനുവേണ്ടി ജീവിക്കുക തഥ തജിഹാസാവർത്തതേ അപ്പൊ അങ്ങനെ നമുക്ക് താല്പര്യമൊന്നുമില്ല അപ്പോ ജിഹാസ ത്യാഗ ത്യജിക്കുന്ന ഇച്ഛ ഉണ്ടാവുന്നു ത്യജിക്കുന്ന ഇച്ഛ എന്ന് പറയുമ്പോൾ എന്താ ത്യജിക്കേണ്ടതെന്ന് ചോദ്യം പിന്നെ എന്താണ് ത്യജിക്കേണ്ടത് നമ്മുടെ ദുരാഗ്രഹങ്ങളെ തെളിയിക്കുക എല്ലാഗ്രഹവും തേച്ചു കളയരുത് വിശക്കുമ്പം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം തോന്നും തേച്ച് കളയരുത് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് തോന്നുന്നു തേച്ചുകളയായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും ദുരാഗ്രഹങ്ങള് തെളിക്കും മനസ്സിലായി ഗോവയിലെ റെസ്റ്റോറന്റിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് മുപ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ വിചാരിച്ച നമ്മള് അവിടെ പോയി കഴിക്കാൻ നോക്കരുത് ദുരാഗ്രഹമാണ് കാരണം അവിടെ ഇപ്പൊ മുപ്പതിനായിരം രൂപയാണ് ഒരു ഡിഷ് എന്നാ പിന്നെ പോയി കഴിക്കാം ആ അത് ഫൈവ് സ്റ്റാറിലൊക്കെ കേറുന്നു സ്റ്റാറിലൊക്കെ കേറുന്നത് അത് എങ്ങനെ ഇപ്പൊ ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയി അവിടെ കേറ്റുകയറി ഞാനും കേട്ടോ ആരെങ്കിലും കൊണ്ടുവന്ന് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെയും നമ്മൾ നമ്മുടെ നമ്മുടേതായ മിതത്വം നമ്മളവിടെ പാലിക്കും ഡൽഹിയിലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടല് താജ് ഹോട്ടലില് തന്നെ എന്റെ കൊണ്ടുപോയി ഞാൻ അവിടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം മാത്രമേ വിളിച്ചുള്ളൂ ഏ അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാ നമ്മളവിടെയും നമ്മുടേതായ മിതത്വം പാലിക്കുക അങ്ങനെ ഒരു സാഹചര്യം നമ്മള് മിഷനറി പ്രവർത്തകർ ആവുമ്പോൾ അവിടെ ഒക്കെ പോവേണ്ടി വരും പക്ഷെ നമ്മളവിടെ മിതത്വം കാരണം എന്തെന്ന് വെച്ചാ ഈ കൊണ്ടുപോകുന്ന നമ്മളെ ചൂഷണം ചെയ്യും ഇതിന്റെ പേരിൽ അങ്ങനെ ഒരു എന്നുവച്ച അവര് നമ്മള രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ വരും അതുകൊണ്ടതൊക്കെ വളരെ കരുതല് വേണം അല്ലെ ഞാൻ അങ്ങനെയുള്ളവരുടെ പോയിട്ടില്ല എന്റെ പരിചയക്കാർ സുഹൃത്തുക്കൾ കാശുള്ളവര് എന്നാ എന്നോട് പറഞ്ഞു ശരി നമുക്ക് ഇവിടെ ശെരി പേര് നോക്കി ആ അത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മളതിനെടുത്താൽ അപ്പൊ ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള ഇച്ഛ ഉണ്ടാകുന്നു സഹാദും ഇച്ഛ ഉപേക്ഷിക്കുന്ന ഇച്ഛ ഉണ്ടാവുന്നു തത് ഹാനോപായം പരീക്ഷത അത് കഴിഞ്ഞ ഉപേക്ഷിക്കാനുള്ള വഴി ഹാനോപായം ഹാനം ത്യാഗം അതിന്റെ ഉപായം അതിന്റെ മാർഗം അത് അന്വേഷിക്കുന്നു പരീക്ഷതേ അത് അന്വേഷിക്കുന്നു ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു പിന്നെ ഉപാസിക്ക ഉപേക്ഷിക്കുന്നതിനുള്ള വഴികളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്പോ പറയുന്നു പരീക്ഷമാണസ്റ്റ ആത്മതത്വാനമസ്യ ഉപായുശൃ അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാവുന്നു അന്വേഷിക്കുന്നവൻ പരിയേഷമാണ് അതിച്ഛിക്കുന്നവൻ പരിയേഷമാണ് അതിന്റെ ഉപായത്തെ ഇതൊക്കെ ഉപേക്ഷിക്കുന്നതിനുള്ള വഴി എന്തെന്ന് ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ അന്വേഷിക്കുന്നവൻ ആത്മതത്വജ്ഞാന ആത്മതത്വജ്ഞാനമാണ് അസ്യ ഉപായ വഴി എന്തിന് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുന്നതിനുള്ള വഴി ആത്മജ്ഞാന ആത്മജ്ഞാനം നേടി എല്ലാം ഉപേക്ഷിക്കുക ഇത്യുപശ്രുത്യ എന്ന് കേട്ടിട്ട് വേദത്തിൽ നിന്ന് കേൾക്കുന്നു വേദത്തിൽ പറയുന്നു എന്താണ് ഇതെല്ലാം ആവശ്യമില്ലാത്ത എല്ലാം ഉപേക്ഷിക്കണം ദുരാഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം അതിനുള്ള വഴി ആത്മജ്ഞാനമാണ് എന്ന് കേട്ടിട്ട് ഉപശ്രുത്യ കേട്ടിട്ട് തജിന്യാസ്യ അപ്പൊ ആത്മജ്ഞാനത്തെ കുറിച്ച് ജിന്യാസുണ്ടാവുന്നതാണ് ഇവിടെ അതാതോ ബ്രഹ്മജിജ്ഞാസ അതുവരെ എത്തി അതയിൽ നിന്നോ ബ്രഹ്മ ജിജ്ഞാസയിലെത്തി അക്രമമായിട്ട് പറയാൻ നമ്മുടെ അന്ധകരണത്തെ മലിനമാക്കുന്ന പാപം അത് കർമ്മം കൊണ്ട് അവൻ ആ പാപത്തിൽ നിന്നും നിവർത്തിക്കുന്നു പാപം ഇല്ലാതാക്കുന്നു ആ പാപം ഇല്ലാതാക്കുമ്പോൾ എന്തു ചെയ്യുന്നു പ്രത്യക്ഷത്തിന്റെയും കപാടങ്ങൾ അവന് തുറന്നു കെട്ടുന്നു എന്നുവെച്ചാൽ പ്രമാണത്തിലൂടെ അവന് ശരിയായ ബോധമുണ്ടാക്കാൻ അവസരം ഉണ്ടാകുന്നു അപ്പോ അവൻ പ്രത്യക്ഷമായും യുക്തി ഈ ജീവിതം അസ അനിത്യമാണ് അശുചിയാണ് ദുഃഖമാണെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അപ്പോ അവൻ ഈ ജീവിതത്തോട് ഒരു വൈരാഗ്യം ഉണ്ടാകുന്നു അങ്ങനെ വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇത് ഉപേക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് അന്വേഷിക്കുന്നു എങ്ങനെ ഇതൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവൻ എന്താണ് എന്നുള്ള ഏറ്റവും നല്ല വഴി വേദം പറയുന്നു തത്വജ്ഞാനമാണ് അപ്പോ തത്വജ്ഞാനത്തിന് വേണ്ടി അവന് ജിജ്ഞാസ ക്രമമായിട്ടെല്ലാം പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് ശരി